ധ്യായം ആറ് ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കെഹാത്ത് മെരാരി ഖെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസാർ ഹെബ്രോൻ ഉസിയൽ അമ്രാമിന്റെ മക്കൾ അഹരോൻ മോശ മിരിയ അഹരോന്റെ പുത്രന്മാർ നാദാബ് അബിഹു എലയാസ ഈഥാമർ എലയാസർ സിനെ ജനിപ്പിച്ചു ഫിനെ ജനിപ്പിച്ചു അബിസൂവ ബുക്കിയെ ജനിപ്പിച്ചു ബുക്കി ഉസിയെ ജനിപ്പിച്ചു ജനിപ്പിച്ചു സെരഹ്യാവ് മെരായോത്തിനെ ജനിപ്പിച്ചു മെരായോത്ത് അമരിയാവെ ജനിപ്പിച്ചു അമരിയാവ് അഹിത്തൂബിനെ ജനിപ്പിച്ചു അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു സാദോ അഹിമാസിനെ ജനിപ്പിച്ചു അഹീമാസ് ഇവനാകുന്നു എരിശിലേമിൽ പണിത ആലയത്തിൽ പൗരോഹിത്യം നടത്തിയത് അസരിയാവ് അമരിയാവെ ജനിപ്പിച്ചു അമരിയാവ് െ ജനിപ്പിച്ചു അഹിത്തൂബ് സാദോക്കിനെ സാദോമിനെ ജനിപ്പിച്ചു അസരിയാവ് സെരായാവ് യഹോ സാദാക്കിനെ ജനിപ്പിച്ചു യഹോവ നബൂഗദനേസർ മുഖാന്തരം യഹൂദയെയും യെരുഷ്ലേമിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ യഹോസദാക്കും പോകേണ്ടിവന്നു ലേവിയുടെ പുത്രന്മാർ ഗർഷോ മെരാരി ഖർഷോമിന്റെ പുത്രന്മാരുടെ പേരുകൾ ആവിത് ലിബ്നി ഷിമൈ കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയൽ മെരാരിയുടെ പുത്രന്മാർ മഹിളി മൂഷി ലേവിയറുടെ പ്രതിർഭവനങ്ങളിൽ പ്രകാരം അവരുടെ കുലങ്ങൾ ഇവ തന്നെ ഗർഷോമിന്റെ മകൻ ലിബ്നി അവന്റെ മകൻ യഹത്ത് അവന്റെ മകൻ സിമ്മ അവന്റെ മകൻ യോവാ അവന്റെ മകൻ ഇദ്ദോ അവന്റെ മകൻ സെരഹ് അവന്റെ മകൻ യയതായി കെഹാത്തിന്റെ പുത്രന്മാർ അവന്റെ മകൻ അമീനാബ് അവന്റെ മകൻ കോരഹ് അവന്റെ മകൻ അസീർ അവന്റെ മകൻ എൽക്കാന അവന്റെ മകൻ എബിയസാഫ് അവന്റെ മകൻ അസീർ അവന്റെ മകൻ തഹദ് അവന്റെ മകൻ ഊരിയൽ അവന്റെ മകൻ ഉസിയാവ് അവന്റെ മകൻ ഷൌൽ എൽക്കാനയുടെ പുത്രന്മാർ അവന്റെ മകൻ അമാസായി അവന്റെ മകൻ അഹീമോത് എൽക്കാനയുടെ പുത്രന്മാർ അവന്റെ മകൻ സോഫായി അവന്റെ മകൻ നഹദ് അവന്റെ മകൻ ഏലിയ അവന്റെ മകൻ യരോഹാം അവന്റെ മകൻ എൽക്കാന ഷമുഎലിന്റെ പുത്രന്മാർ ആദ്യജാതൻ യോവേൽ രണ്ടാമൻ അബിയാവ് മെരാരിയുടെ പുത്രന്മാർ മഹിളി അവന്റെ മകൻ ലിബ്നി അവന്റെ മകൻ ഷിമയി അവന്റെ മകൻ ഉസ അവന്റെ മകൻ ഷിമയ അവന്റെ മകൻ ഹഗിയാവ് അവന്റെ മകൻ അസയാവ് പെട്ടകത്തിന് വിശ്രമമായ ശേഷം ദാവീദ് യഹോവയുടെ ആലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു അവർ ശലോമോൻ എരിഷലേമിൽ യഹോവയുടെ ആലയം പണിതതുവരെ തിരുനിവാസമായ സമാഗമന കൂടാരത്തിനു മുമ്പിൽ സംഗീത ശുശ്രൂഷ ചെയ്തു അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു തങ്ങളുടെ പുത്രന്മാരോടും കൂടെ ശുശ്രൂഷിച്ചവർ ആരെന്നാൽ ടെഹാത്തിരുടെ പുത്രന്മാരിൽ സംഗീതക്കാരനായ ഹെമാൻ അവൻ യോവേലിന്റെ മകൻ അവൻ ഷമുവേലിന്റെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ യരോഹാമിന്റെ മകൻ അവൻ എലിയേലിന്റെ മകൻ അവൻ തോഹയുടെ മകൻ അവൻ സൂഫിന്റെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ മഹത്തിന്റെ മകൻ അവൻ അമാസായിയുടെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ യോവേലിന്റെ മകൻ അവൻ അസരിയാവിന്റെ മകൻ അവൻ സെഫന്യാവിന്റെ മകൻ അവൻ തഹത്തിന്റെ മകൻ അവൻ അസീരിന്റെ മകൻ അവൻ എബ്യാസാഫിന്റെ മകൻ അവൻ കോരഹിന്റെ മകൻ അവൻ ഇസ്ഹാരിന്റെ മകൻ അവൻ കെഹാത്തിന്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവൻ ഇസ്രയേലിന്റെ മകൻ അവന്റെ വലത്തുഭാഗത്ത് നിന്ന അവന്റെ സഹോദരൻ ആസാഫ് ആസാഫ് ബേറഖ്യാവിന്റെ മകൻ അവൻ ഷിമയുടെ മകൻ അവൻ മീക്കായലിന്റെ മകൻ അവൻ ബേശേയാവിന്റെ മകൻ അവൻ മൽക്കിയുടെ മകൻ അവൻ യജ്ഞിയുടെ മകൻ അവൻ സേരഹിന്റെ മകൻ അവൻ അദയാവിന്റെ മകൻ അവൻ ഏധാന്റെ മകൻ അവൻ സിമ്മയുടെ മകൻ അവൻ സിമയയുടെ മകൻ അവൻ യഹത്തിന്റെ മകൻ അവൻ ഗർഷോമിന്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ മെരാരിയുടെ പുത്രന്മാർ ഇടത്തുഭാഗത്ത് നിന്നു കീശിയുടെ മകൻ ഏധാൻ അവൻ അബ്ദിയുടെ മകൻ അവൻ മല്ലൂക്കിന്റെ മകൻ അവൻ ഹസബിയാവിന്റെ മകൻ അവൻ അമസ്യാവിന്റെ മകൻ അവൻ ഹിൽകിയാവിന്റെ മകൻ അവൻ അംസിയുടെ മകൻ അവൻ ബാനിയുടെ മകൻ അവൻ ഷാമേരിന്റെ മകൻ അവൻ മഹിളിയുടെ മകൻ അവൻ മൂശിയുടെ മകൻ അവൻ മെരാരിയുടെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദൈവാലയമായ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും എന്നാൽ അഹരൂനും അവന്റെ പുത്രന്മാരും ഹോമയാഗപീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു അവർ അതിവിശുദ്ധ സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ ദാസനായ മോശ കൽപ്പിച്ച പ്രകാരമൊക്കെയും ഇസ്രയേലിനുവേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു അഹരൂന്റെ പുത്രന്മാരാവിത് അവന്റെ മകൻ എലയാസർ അവന്റെ മകൻ ഫിനഹാസ് അവന്റെ മകൻ അബീശൂ അവന്റെ മകൻ ബുക്കി അവന്റെ മകൻ ഉസ്സി അവന്റെ മകൻ സെരഹ്യാവ് അവന്റെ മകൻ മെരായോ അവന്റെ മകൻ അമരിയാവ് അവന്റെ മകൻ അഹിതൂബ് അവന്റെ മകൻ സദോബ് അവന്റെ മകൻ അഹിമാസ് അവരുടെ ദേശത്തിൽ ഗ്രാമം ഗ്രാമമായി അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ ക്ഹാത്യറുടെ കുലമായ അഹരൂന്യർക്ക് അവർക്കല്ലോ ഒന്നാമത് ചീട്ടുവീണത് അവർക്ക് യഹൂദദേശത്ത് ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിന്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യഹൂനയുടെ മകനായ കാലേബിന് കൊടുത്തു അഹരൂന്റെ മക്കൾക്ക് അവർ സങ്കേത നഗരമായ ഹെബ്രോനും ലിബനയും അതിന്റെ പുൽപ്പുറങ്ങളും യഥീരും എസ്തേമോവയും അവയുടെ പുൽപ്പുറങ്ങളും ഹീലേനും പുൽപ്പുറങ്ങളും ബീരും പുൽപ്പുറങ്ങളും ആശാനും പുൽപ്പുറങ്ങളും ബേത്സമേഷും പുൽപ്പുറങ്ങളും ബെന്യാമിൻ ഗോത്രത്തിൽ ഗേബയും പുൽപ്പുറങ്ങളും അല്ലേമത്തും പുൽപ്പുറങ്ങളും അനാഥോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു കുലംകുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങൾ ആകെ പതിമൂന്ന് കെഹാത്തിന്റെ ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിന്റെ കുലത്തിൽ മനശയുടെ പാതിഗോത്രത്തിൽ തന്നെ ചീട്ടിട്ട് പത്തു പട്ടണം കൊടുത്തു ഗർഷോമിന്റെ മക്കൾക്ക് കുലംകുലമായി ഇസാഖാർ ഗോത്രത്തിലും ആഷർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശെ ഗോത്രത്തിലും പതിമൂന്ന് പട്ടണം കൊടുത്തു മരാരിയുടെ മക്കൾക്ക് കുലംകുലമായി രൂപൻ ഗോത്രത്തിലും ഗാതുഗോത്രത്തിലും സെബൂലുൻ ഗോത്രത്തിലും ചീട്ടിട്ട് പന്ത്രണ്ട് പട്ടണം കൊടുത്തു ഇസ്രായേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷിമയോൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീട്ടിട്ട് കൊടുത്തു കെഹാത്ത് മക്കളുടെ ചില കുലങ്ങൾക്കോ യഫ്രൈം ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് സങ്കേത നഗരങ്ങളായ മലനാട്ടിലെ ശേഖ പുൽപ്പുറങ്ങളും ഗേസരും പുൽപ്പുറങ്ങളും യോക്മയാമും പുൽപ്പുറങ്ങളും ബേത് ഹോരോനും പുൽപുറങ്ങളും അയ്യാലോനും പുൽപ്പുറങ്ങളും ഗത് റിമോനും പുൽപുറങ്ങളും മനശിയുടെ പാതിഗോത്രത്തിൽ ആനേരും പുൽപ്പുറങ്ങളും ബിലയാമും പുൽപുറങ്ങളും കെഹാത്യരുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു ഗർഷോമിന്റെ പുത്രന്മാർക്ക് മനശിയുടെ പാതിഗോത്രത്തിന്റെ കുലത്തിൽ ബാഷാനിൽ ഗോലാനും പുൽപുറങ്ങളും അസ്തോരോത്തും പുൽപ്പുറങ്ങളും ഇസഹാർ ഗോത്രത്തിൽ കേദശും പുൽപ്പുറങ്ങളും ദാബരത്തും പുൽപ്പുറങ്ങളും രാമോത്തും പുൽപ്പുറങ്ങളും ആനേമും പുൽപ്പുറങ്ങളും ആശേർ ഗോത്രത്തിൽ മാശാലും പുൽപ്പുറങ്ങളും അബ്ദോനും പുൽപ്പുറങ്ങളും ഹൂക്കോക്കും പുൽപ്പുറങ്ങളും രഹോബും പുൽപുറങ്ങളും നഫ്താലി ഗോത്രത്തിൽ ഗലീലയിലെ ഖേദശും പുൽപുറങ്ങളും ഹമ്മോനും പുൽപ്പുറങ്ങളും കിരിയഥൈമും പുൽപുറങ്ങളും കൊടുത്തു മെരാരിപുത്രന്മാരിൽ ശേഷമുള്ളവർക്ക് സെബൂലുൻ ഗോത്രത്തിൽ റിമ്മോനോവും പുൽപ്പുറങ്ങളും താബോരും പുൽപ്പുറങ്ങളും എരിഹോവിന് സമീപത്ത് യോർദാൻ അക്കരെ യോർദാന കിഴക്ക് രൂപേൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസരും പുൽപുറങ്ങളും യഹസയും പുൽപ്പുറങ്ങളും കെതേമോത്തും പുൽപ്പുറങ്ങളും മേഫാത്തും പുൽപുറങ്ങളും ഗാദ് ഗോത്രത്തിൽ ഗിലയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹനൈമും പുൽപ്പുറങ്ങളും ഹെസ്ബോനും പുൽപ്പുറങ്ങളും യാസേരും പുൽപ്പുറങ്ങളും കൊടുത്തു